ഫ്രീസ് പ്രീസ് ലോഡ് ക്രിസ്ത്യ ജീവിതത്തെ രണ്ട് നിലയുള്ള ഒരു വീടായിട്ട് നാം എപ്പോഴും ഉപമിക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമാണെന്നും ഒന്നാമത്തെ നില അത് നമ്മുടെ കുടുംബജീവിതമാണെന്നും അതിൻ്റെ രണ്ടാമത്തെ നില എന്ന് പറയുന്നത് സഭാജീവിതമാണ് എന്നും നാം പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് നമ്മുടെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം അത് മുമ്പോട്ട് പോകുവാനായി നമുക്ക് ആ വഴിയിൽ വ്യക്തിപരമായി കർത്താവിനെ പിൻപറ്റുവാനായി ദൈവം നമ്മെ രക്ഷിച്ചു ദൈവം നമ്മെ വീണ്ടെടുത്തു അത് കഴിഞ്ഞ് നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് മാതൃകയായി നമുക്ക് കാണിച്ചു തന്നു ആ ക്രിസ്തുവിനെ പിൻപറ്റി നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും നമ്മൾ കഴിഞ്ഞ ഒരിക്കൽ ഒരു ഞായറാഴ്ച നമ്മെപ്പോലെ ഈ ഭൂമിയിൽ വന്ന് നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട് എന്നാൽ ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ഓരോ പരീക്ഷയിലും യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്നെയും നിന്നെയും ഓർത്ത് നമ്മെ ഓർത്ത് കർത്താവ് പാപം എന്ന് വെച്ച് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആ യേശുവിനെ നാം കാണുമ്പോൾ അതുപോലെ എനിക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ ജീവനെ നൽകി മരിച്ച യാഗമായി തീർന്ന യേശുവിനെ നാം കാണുമ്പോൾ അവിടെയാണ് നമുക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം ദൃഢമാകുന്നത് ആ കർത്താവിനെ എനിക്ക് പിൻപറ്റുവാനായിട്ട് കഴിയും എന്നെ കർത്താവ് സഹായിക്കും എൻ്റെ ബലഹീനതകളിൽ കർത്താവിനെ എന്നെ സഹായിക്കും എന്നെ ശക്തീകരിക്കും നമ്മൾ ദൈവഭക്തിയുടെ മർമ്മം എന്ന് നമ്മൾ ഒന്ന് തിമത്തിയോസ് രണ്ടാമധ്യായത്തിൽ അങ്ങനെയൊരു പ്രയോഗമുണ്ട് ഒന്ന് തിമ്പത്തിയൂസ് രണ്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലാണ് അവിടെ പറയുന്നത് എന്തോ ഒന്ന് തിമ്പത്തിയൂസ് സോറി മൂന്നാം അധ്യായത്തിൻ്റെ അവസാന വാക്യം പതിനാറാം വാക്യം അവിടെ പറയുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ഇതൊരു മർമ്മമാണ് ഈ ഭൂമിയിൽ വന്ന യേശു എന്നെപ്പോലെ പരീക്ഷിക്കപ്പെട്ട യേശു അവൻ ഈ ഭൂമിയിൽ എന്നെപ്പോലെ ഈ ഭൂമിയിൽ വന്നെങ്കിലും എല്ലാ സാഹചര്യത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടവനായി അവിടെ നിന്ന് ജഡത്തിലാണ് വെളിപ്പെട്ടത് എന്നാൽ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു ഇത് ദൈവഭക്തിയുടെ മർമ്മമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള മർമ്മമാണ് എന്ന് നാം പലപ്പോഴും നാം കേൾക്കാറുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമുക്ക് ഈ മർമ്മങ്ങൾ നാം ഗ്രഹിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് ഈ മർമ്മങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഹ്യം നമുക്ക് വേണം അപ്പോൾ ആർക്കാണ് ഈ മർമ്മങ്ങളെക്കുറിച്ച് ദൈവം വെളിപ്പാക്കുക വെളി വെളിപ്പെടുത്തി കൊടുക്കുക നമ്മൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായത്തിൽ വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു വിതയ്ക്കുന്നവൻ്റെ ഉപമയെക്കുറിച്ച് നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് യേശു ഉപമ പറഞ്ഞെങ്കിലും ശിഷ്യന്മാർക്ക് അതൊന്നും ശരിക്കും മനസ്സിലായില്ല ആദ്യം അപ്പോൾ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു മറ്റു ചിലത് പാറമേൽ വീണു ഗ്ലൂക്കോസ് എട്ടാമധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത് മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മറ്റു ചിലത് നിലത്ത് വീണു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചതിനവൻ പറഞ്ഞത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് ദൈവം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് അറിയുവാൻ നമുക്ക് മനസ്സിലാക്കി തരുവാൻ വരൽ ലഭിച്ചവരാണ് നാം വ്യക്തിപരമായി കർത്താവിനെ പിൻപറ്റുന്ന കാര്യത്തിൽ ഞാൻ ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറയുകയുണ്ട് എന്നാൽ അതുമാത്രമല്ല നമുക്ക് മുമ്പോട്ട് സഭയെക്കുറിച്ചും സഭ ഒരു മർമ്മമാണ് എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട് നമ്മൾ ഈ മർമ്മം നമുക്ക് ഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ അവൻ പല കാര്യങ്ങൾ ആത്മീയമായ സത്യങ്ങൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് വായിക്കുന്നുണ്ട് അവൻ ജ്ഞാനികൾക്കും വിവേകികൾക്കും വരച്ച് അത് ശിശുക്കൾക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശിശുക്കളായിരിക്കുന്ന ശിശുക്കളായ ശിശു എന്ന മനോഭാവത്തോടെ താഴ്മയോടെ ആവശ്യബോധത്തോടെ ദൈവത്തിൻ്റെ അടുക്കൽ ചാരിക്കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ദൈവം ദൈവ മർമ്മങ്ങൾ ദൈവവചന സത്യങ്ങൾ നമുക്ക് ഗ്രഹിപ്പിച്ചു തരും എന്നാണ് ദൈവവചനം പറയുന്നത് നിങ്ങൾക്ക് ദൈവഭക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് നിങ്ങൾ വരം ലഭിച്ചിരിക്കുന്നു ശിശുക്കൾക്കും ശിശുക്കൾക്കും അവൻ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്ന് നമ്മൾ ആ വായിക്കുന്നു നമ്മളിവിടെ എഫ് എസ് അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ എഫ് അഞ്ചാം അധ്യായത്തിൽ അവിടെ വീണ്ടും ഇങ്ങനെ പറയുന്നു മുപ്പത്തിരണ്ട് ഈ മർമ്മം മുപ്പത്തിരണ്ടാം വാക്യം എഫ് എസ് എക്കനം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ ദൈവഭക്തിയുടെ ഒരു മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായി നാം ഗ്രഹിക്കേണ്ട ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി എന്നാൽ ഇതാ ഇവിടെ പറയുന്നു മറ്റൊരു മർമ്മത്തെക്കുറിച്ച് അതും വലിയൊരു മർമ്മം എന്ന് പറയുന്നു ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് അപ്പോൾ സഭ എന്ന് പറയുന്നതും ഒരു വലിയ മർമ്മമാണ് എന്ന് ദൈവവചനം പറയുന്നു അപ്പോൾ അതൊരു വലിയ മർമ്മമായതുകൊണ്ട് തന്നെ ഇത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ വരം ലഭിച്ചവർക്കാണ് ഇത് മനസ്സിലാവുന്നത് ശിശുക്കൾക്കാണ് ഇത് മനസ്സിലാവുന്നത് അപ്പോൾ നമ്മൾ എന്ത് ബ്രദർ എന്ത് സഭ സഭ എന്താണെന്ന് എനിക്കറിയാമല്ലോ ഇതല്ലേ സഭ ഐ മീൻ ഞാൻ ഇന്ന് ഞാൻ സഭയിൽ പോവുകയാണ് ഞാൻ സഭയിൽ നിന്ന് ഞാൻ വരികയാണ് ഞാനിന്ന് സഭ മിക്ക് പോയിരിക്കുകയായിരുന്നു നമ്മൾ വളരെ പെട്ടെന്ന് ആ സഭ സഭ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്ന രീതിയിൽ നാം ചിന്തിക്കാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സഭ എന്താണ് ചർച്ച് ചർച്ച് എന്ന് പറയുന്നത് പല ആളുകളും ചിന്തിക്കുന്നത് ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഞാൻ ചർച്ചിൽ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഞാൻ ഈ കോട്ടയത്ത് തൂത്തുട്ടി കവലയ്ക്കടുത്ത് നൂറ് മീറ്റർ വാരിശ്ശേരി റോഡിൻ്റെ വശത്തേക്ക് പോകുമ്പോൾ ഇടതു അവിടെ അങ്ങനെയാണ് നമ്മൾ പലർക്കും വഴി പറഞ്ഞു കൊടുക്കാറുള്ളത് രണ്ട് ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ രണ്ട് വീടുണ്ട് അതിൻ്റെ താഴെ താഴേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു ബ്രിക്സ് കൊണ്ടുള്ള ഒരു കെട്ടിടമുണ്ട് അപ്പോൾ അതാണ് ഞങ്ങളുടെ ചർച്ച് അപ്പോൾ ഞാൻ ആ ചർച്ചിൽ പോവുകയാണ് ആ ചർച്ചിൽ പോയി ചർച്ച് കഴിഞ്ഞ് ആ ചർച്ചിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ ഈ ബ്രിക്സ് കൊണ്ടുള്ള ഈ കാണുന്ന ഈ കെട്ടിടം ഇതാണോ ചർച്ച് ഇതാണോ സഭ നമുക്ക് നിങ്ങൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇതാണോ സഭ അല്ല നിങ്ങൾക്കറിയായിരിക്കും എന്നാലും നമുക്ക് നിങ്ങൾക്ക് ഇടയ്ക്കുത്തരം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഇഷ്ടിക കൊണ്ടുള്ള ഈ സഭയിൽ വന്ന് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ ആരെങ്കിലും കുറച്ച് ഒന്ന് രണ്ട് പേര് ഇവിടെ ഒരു പ്രസംഗം പ്രസംഗിക്കുന്നു പ്രസംഗം കേട്ടു അവിടെ കസേരയിൽ ഞാനിരുന്നു പ്രസംഗം കേട്ടു അത് സഭയിൽ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ സഭയിൽ വന്നു ഞാൻ സഭയിൽ നിന്ന് പോകുന്നു യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ഇതൊരു മർമ്മമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയുള്ളു ഇത് ശരിക്കും എന്താണ് സഭ എന്ന് ഇന്ന് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ ഭൂരിപക്ഷം ആളുകൾക്കും അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇതാണ് ഞങ്ങളുടെ പള്ളി ഇതാണ് ഞങ്ങളുടെ സഭ ഇതാണ് ഞങ്ങളുടെ ചർച്ച് എന്ന് പറഞ്ഞ് അവർ ചർച്ചിന് ചർച്ച് കെട്ടുകയാണ് ഞങ്ങൾ ചർച്ച് കെട്ടുകയാണ് എല്ലാവരും സംഭാവന അപ്പോൾ ചർച്ച് കെട്ടാനായിട്ട് ഒത്തിരി ചിലവാണ് ചർച്ച് കെട്ടാൻ ഒത്തിരി ചിലവാണ് അപ്പോൾ ചർച്ച് കെട്ടാൻ എല്ലാവരും സംഭാവന തരണം അപ്പോൾ എല്ലാവരും സംഭാവന പിരിച്ച് വലിയ ചർച്ച് കെട്ടുകയാണ് അപ്പോൾ എന്താണ് ആളുകൾ ചിന്തിക്കുന്നത് ഈ കെട്ടിടത്തെയാണ് ചർച്ച് എന്ന് ആളുകൾ വിചാരിക്കുന്നത് എന്നാൽ ഇതൊരു വലിയ മർമ്മമാണ് ഇത് ഈ കെട്ടിടമല്ല ഇവിടെ ഇവിടെ കെട്ടിടം അല്ല എന്നാൽ നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവഭക്തിയുടെ മർമ്മം ഗ്രഹിച്ച് വ്യക്തിപരമായിട്ട് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് പോകുന്ന നാം ഓരോരുത്തരും ഒന്നിച്ച് ചേർന്ന് പണിയപ്പെടുന്ന ഒരു പണിയാണ് നമ്മുടെ ചുറ്റിനും ബാഹ്യമായി കാണുന്ന ഈ ബിൽഡിങ്ങിനപ്പുറത്ത് ഈ ബിൽഡിങ്ങിൽ നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ മാത്രമല്ല നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും നമ്മൾ സഭയുടെ ഭാഗമാണ് യഥാർത്ഥത്തിലുള്ള ദൈവവചനം പറയുന്ന സഭയിൽ നമുക്കിങ്ങനെ വരാനും പോകാനും പറ്റില്ല ഞാൻ ചർച്ചയിൽ പോവുകയാണ് ഞാൻ ചർച്ച ചെയ്യുന്നു അങ്ങനെ പറ്റില്ല ഞാൻ ഒന്നുകിൽ ചർച്ചിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാൻ ചർച്ചിൻ്റെ ഭാഗമല്ല അത്രയേ ഉള്ളൂ അപ്പോൾ അല്ലാതെ എനിക്കിങ്ങനെ വരാനും പോകാനും പറ്റുന്നൊരിടമല്ല ഞാൻ ഒന്നുകിൽ സഭയുടെ ഭാഗമാണ് അപ്പോൾ സഭയെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ഒരു വെളിപ്പാട് കിട്ടുമ്പോഴേ ഞാൻ ഈ സഭയുടെ അംഗമായി തീരുക അപ്പം ഞാൻ നാം ഓരോരുത്തരും നമ്മൾ ഒരു ശരീരത്തിൻ്റെ അവയവമായി നമ്മൾ ഒന്നിച്ച് ു ഓക്കെ അപ്പോൾ ഞാൻ പറയുക ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സഭ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഫിസിക്കലായിട്ട് കാണുന്ന ഇങ്ങനെയൊരു കാര്യമല്ല പല ആളുകളും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അവർ ഒരു ബിൽഡിങ്ങിനെ സഭ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സഭ എന്ന് പറയുന്നു ഞങ്ങൾ പല പല ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്ങുകൾ ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ഇന്ന ചർച്ച് ആണ് ചർച്ച് ഓഫ് ഗോഡ് ഇന്ന ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കുറേ കെട്ടിടങ്ങളെ കുറേ കുറേ കൂടിയരവുകളെ ആണ് സഭ എന്ന് പറയുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ അപ്പം നമ്മൾ ആദ്യം നമുക്ക് വ്യക്തിപരമായി കർത്താവിനെ അനുഗമിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ കർത്താവ് പറഞ്ഞു ചില ശിഷ്യത്വത്തിൻ്റെ പടികൾ പറഞ്ഞു നമുക്ക് വ്യക്തിപരമായി കർത്താവിനെ അനുഗമിക്കുന്ന കാര്യം വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ശിഷ്യത്വത്തിൻ്റെ പടികളെക്കുറിച്ച് മനസ്സിലാകണം ഓക്കെ നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മളിപ്പം ലൂക്കോസിൽ നിന്നാണല്ലോ നമ്മൾ നോക്കിയത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ ഒമ്പതാം അധ്യായത്തിൽ അവിടെ തൊട്ടടുത്ത എട്ടാം അധ്യായത്തിലാണ് നമ്മൾ നോക്കിയത് എട്ടാം അധ്യായത്തിൻ്റെ തൊട്ട് തൊട്ടടുത്ത് ഒമ്പതാം അധ്യായത്തിൽ അവിടെ ശിഷ്യത്വത്തിൻ്റെ പടിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ഒരുവിൻ എന്നെ പിൻപിൻപറ്റുവാൻ യച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് ആരെങ്കിലും ഇരുപത്തി ഇരുപത്തി വാക്യം ശിശുത്വത്തിൻ്റെ വ്യവസ്ഥകളെക്കുറിച്ച് ഒമ്പതാം അധ്യായം ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ച് ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ കർത്താവിനെ അനുഗമിക്കുന്ന യാത്രയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മെ തന്നെ നിഷേധിച്ച് നാൾതോറും എൻ്റെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കട്ടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കിവിടെ ഇടയ്ക്ക് പുതിയ ആളുകൾ ആളുകളുമൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നമ്മ നമുക്ക് കുറച്ച് വ്യക്തത ഉണ്ടാവും എന്താണ് ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്ന് പല പല വിഭാഗങ്ങളിൽ ആളുകൾ ചിന്തിക്കുന്നത് ക്രൂശെടുക്കുക അതുകൊണ്ടല്ലേ പലരുടെയും കണ്ടില്ലേ കഴുത്തിൽ വാലയിൽ അറ്റത്തൊരു ക്രൂശുണ്ടാവും അതായത് നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ടാണ് ക്രൂശ് അവിടെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ക്രൂസ് ഇടുന്നത് ക്രൂശന്റെ ആകൃത നമ്മൾ ക്രൂശെടുക്കുക ദൈവം അതിനകത്ത് പറയുന്നുണ്ട് ക്രൂശ് എടുക്കണം നമുക്കാർക്കും യേശു ക്രിസ്തുവിന്റെ വലിയ മരക്കുരിശ് ചുമക്കുവാൻ നമുക്ക് കഴിയുകയില്ല നമ്മുടെ ആ മരക്കുരിശ് ചുമക്കാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മെന്ത് കുരിശാണ് ചുമക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശാണ് എടുക്കേണ്ടത് നമ്മുടെ ക്രൂശാണ് എടുക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ക്രൂശല്ല നമ്മുടെ ക്രൂശാണ് എടുക്കേണ്ടത് അപ്പം എന്താണ് നമ്മുടെ ക്രൂശെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെയും ഇവിടെ പറഞ്ഞിട്ടുണ്ട് പല ആളുകൾ ചിന്തിക്കുന്നത് നമ്മുടെ ക്രൂശ് എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ ജോലിസ്ഥലത്തെ എൻ്റെ യജമാനൻ ഇതൊക്കെയാണ് എൻ്റെ ക്രൂശ് അയ്യോ എനിക്ക് ഭയങ്കര ക്രൂശാണ് സോ ബ്രതറെ ഭയങ്കര ക്രൂശാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനെയാണ് പല ആളുകളും ക്രൂശെന്ന് ചിന്തിക്കാറുള്ളത് അപ്പോൾ ഏതോ ഒരു ഞാൻ ഞാൻ നമ്മളൊക്കെ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏതോ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു എല്ലാവരും ഇന്ന് ഇന്ന് ക്രൂശ് എടുത്തുകൊണ്ട് വരണം എല്ലാവരും ക്രൂശുമായിട്ട് വരണം എന്ന് പറഞ്ഞ് അവരുടെയൊക്കെ ഉള്ള പള്ളികളിൽ എല്ലാവരുടെ കയ്യിൽ ഒരു കുരിശുണ്ട് എല്ലാവരും കുരിശെടുത്ത് വന്ന ആൾക്കാരെല്ലാം മുമ്പോട്ട് വരാനായിട്ട് പറഞ്ഞപ്പം ഒരു അച്ഛൻ എഴുന്നേറ്റ് പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോയി ഭാര്യയും കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് വന്നു അപ്പോൾ എന്താ ഞാനെന്താ എങ്ങനെ വന്നിരിക്കുന്നത് അച്ചു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വർഷമായി എൻ്റെ എൻ്റെ കുരിശ് അവളാണ് അപ്പോൾ അവളെയും കൊണ്ട് മുമ്പോട്ട് ആളുകളൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള ബാഹ്യമായ പല കാര്യങ്ങളാണ് കുരിശ് എന്നാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നാം ക്രിസ് യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഗമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ആ വഴി നമുക്ക് വ്യക്തത കിട്ടണം നമുക്ക് എൻ്റെ കുരിശ് എന്ന് പറയുന്നത് നാൾ തന്നെത്താൻ നിഷേധിച്ച് എൻ്റെ ഇഷ്ടത്തെ എൻ്റെ സ്വയ താൽപ്പര്യങ്ങളെ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന എൻ്റെ സ്വന്തം ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് തീരുമാനിക്കുന്ന ഒരുവൻ തീരുമാനിക്കുമ്പോൾ അവനാണ് എൻ്റെ സ്വന്തം ജീവൻ പൊങ്ങിവരുമ്പോൾ ഓരോ സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ അവനോട് പറയുമ്പോൾ തിരിച്ച് പ്രതികരിക്കുവാനായിട്ട് എൻ്റെ സ്വന്തം ജീവൻ പൊങ്ങിവരുന്നു അപ്പോൾ അവിടെ പറയുന്നു ഇരുപത്തിനാലാം വാക്യം ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ തൻ്റെ ജീവനെ രക്ഷിക്കുവാൻ നിശ്ചിച്ചാൽ അതിനെ കളയും അതിനെ കളയും എന്തിനെ കളയും ദൈവിക ജീവനെ കളയും തൻ്റെ ജീവനെ ഞാൻ എൻ്റെ എൻ്റെ ജീവൻ എന്നെ പറയുമ്പം രണ്ട് തിരിച്ച് പറയും പറയാനാണ് എൻ്റെ എന്നിൽ നിന്ന് എൻ്റെ സ്വയത്തിൻ്റെ ജീവൻ പൊങ്ങിവരുന്നത് അല്ലെങ്കിൽ അവിടെ തിരിച്ച് പ്രതികരിക്കുവാൻ അവിടെ വിട്ടുകൊടുക്കാതിരിക്കുവാൻ അവിടെ എന്നെ തന്നെ ന്യായീകരിക്കുവാൻ എൻ്റെ സ്വന്തം ജീവൻ സ്വന്ത ശക്തി പൊങ്ങിവരുമ്പോൾ സ്വയബലം പൊങ്ങിവരുമ്പോൾ ഞാൻ എൻ്റെ ജീവനെ നിഷേധിക്കുന്നു അത് വേണ്ട അത് വേണ്ട കർത്താവേ എൻ്റെ ജീവനെ ഞാൻ രക്ഷിക്കുന്നതിന് പകരം എൻ്റെ ജീവനെ ഞാൻ കളയുന്നു എൻ്റെ ജീവനെ കളയുമ്പോൾ എൻ്റെ ജീവനെ കളഞ്ഞാലോ തൻ്റെ ജീവനെ കളഞ്ഞാൽ അവൻ ദൈവീക ജീവനെ കണ്ടെത്തും നമ്മൾ മത്തായിലൊക്കെ വായിക്കും അത് കുറച്ചുകൂടെ വ്യക്തതയോടെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഈ വഴിയാണ് നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നമുക്കുണ്ടാവണം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ജീവനെ ഞാൻ കളയണം ഞാൻ അങ്ങനെ മാത്രമേ എനിക്ക് ദൈവിക ജീവനെ കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ അതുമാത്രമല്ല നമ്മൾ മത്തായി പത്താം അധ്യായത്തിൽ മത്തായി പത്താം അധ്യായം നമ്മൾ നോക്കുമ്പോൾ അവിടെയും ശിശുത്വത്തിൻ്റെ പടികളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് മുപ്പത്തി ഏഴാം വാക്യം അപ്പോൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നാം നിഷേധിക്കുക മാത്രമല്ല യേശുവിനെ നാം വ്യക്തിപരമായി പിൻപറ്റുവാനായിട്ട് നമുക്ക് നാം ചെയ്യേണ്ടത് അവിടെ പറയുന്നത് മുപ്പത്തി ഏഴാം വാക്യം എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അത് കഴിഞ്ഞിട്ടാണ് അവിടെ പറയുന്നത് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല അവിടെ വീണ്ടും പറയുന്നു തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും ദൈവിക ജീവനെ കളയും തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ തൻ്റെ ജീവനെ സംരക്ഷിക്കുന്നവൻ ദൈവിക ജീവനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവൻ ദൈവിക ജീവനെ കണ്ടെത്തും അവന് ക്രിസ്തുവിനെ ആ രീതിയിൽ പിൻപറ്റുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ നമ്മൾ പോകുന്ന ശിശുത്വത്തിൻ്റെ ഈ വ്യക്തിപരമായ ചുവടിൽ നമുക്ക് ആ വഴി വ്യക്തതമാകണമെങ്കിൽ ദൈവഭക്തിയുടെ മർമ്മം നമുക്ക് വ്യക്തമാകണമെങ്കിൽ നമ്മളിവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വാൾ ഉണ്ടാവണം പലപ്പോഴും പല കാര്യങ്ങളിൽ ആളുകൾക്ക് വ്യക്തതയില്ല കാര്യം എന്താണ് അവർക്ക് ഇവിടെ വരുമ്പോൾ അപ്പനും അമ്മയും അവിടെ വരും ആ അപ്പനും പറഞ്ഞു അമ്മയുടെ കണ്ണീര് കാണുമ്പോൾ അപ്പൻ്റെ ചില അവർ ചില കാര്യങ്ങളെക്കുറിച്ച് അപ്പൻ കർക്കശ്യത്തോടെ പറയുന്നു അവര് കുടുംബസ്ഥരാണ് അവർ അപ്പൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അധികാരത്തിന് കീഴിൽ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് തീർച്ചയായും അപ്പനെയും അമ്മയും ബഹുമാനിക്കണം പക്ഷേ ആത്മീയമായ ഒരു കാര്യം വരുമ്പോൾ അവർക്ക് നിലപാടുള്ളവരായിരിക്കണം ആത്മീയമായ കാര്യം വരുമ്പോൾ എനിക്കിത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ ബഹുമാനത്തോടെ എൻ്റെ അപ്പനോടും അമ്മയോടും നമുക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റണം എനിക്ക് ഇത് ഇത് ദൈവ വഴിയല്ല അവർ അവിശ്വാസിയായ ഒരു വ്യക്തിയെ വിവാഹം ചെയ്യാനായിട്ട് പറയുമ്പോൾ അങ്ങനെ എനിക്ക് പറ്റില്ല ദൈവവചനത്തിൽ അത് ദൈവവചനം അങ്ങനെയല്ല എനിക്ക് അതിന് ചേരാനായിട്ട് പറ്റില്ല അവരുടെ പള്ളിയിലേക്ക് വരാനായിട്ട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ വരാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ അപ്പനേക്കാൾ എൻ്റെ അമ്മയേക്കാൾ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു എൻ്റെ അപ്പനും അമ്മയും പറയുന്ന അല്ലെങ്കിൽ അവരുടെ കണ്ണുനീര് കണ്ട് ഞാൻ എൻ്റെ ആത്മീയവുമായി മുമ്പോട്ടുള്ള നിലപാടിനെ ഞാൻ മാറ്റിവെക്കുകയില്ല എന്ന് പറഞ്ഞ് ഈ പ്രക ഇപ്രകാരമുള്ള ഒരു നിലപാടുള്ള വ്യക്തിക്കാണ് ആത്മീയ വഴിയിൽ വ്യക്തിപരമായി മുമ്പോട്ട് കർത്താവിനെ പിൻപറ്റുവാനായിട്ട് പറ്റുക പല ആളുകളുടെ ജീവിതത്തിലും അവരുടെ ക്രിസ്തീയ ജീവിതം വേണ്ടവണ്ണം പുരോഗമിക്കാത്തതിൻ്റെ കാരണം ഇതാണ് അവരെടുക്കേണ്ട നിലപാടെടുക്കേണ്ട സ്ഥലങ്ങളിൽ അവർക്ക് നിലപാടില്ല അവർക്ക് ഒരു തീരുമാനത്തോടു കൂടി അങ്ങനെയല്ല ഞാനിപ്പോൾ വരില്ല ഞാൻ ഈ കാര്യത്തിൽ ഞാൻ സംവദിക്കില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ബോംബെയിൽ നിന്ന് പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷമായി കേരളത്തിൽ വന്നിട്ട് അപ്പോൾ പത്ത് വർഷമായിട്ട് കേരളത്തിൽ വരാത്തപ്പോൾ ഞാൻ ഒരിക്കൽ ബോംബെ ചെന്നപ്പോൾ എന്നെ വളരെയധികം സ്വീകരിച്ച് എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ കരുതിയ എൻ്റെ ഒരു കസിൻ എൻ്റെ ഫസ്റ്റ് കസിൻ അപ്പോൾ ഞാൻ കണ്ടിട്ട് അവർ കേരളത്തിൽ വന്നിട്ട് 10 വർഷമായി ഞാനിപ്പോൾ കണ്ടിട്ട് ഒരു പതിനഞ്ച് വർഷം എങ്കിലും ആയിക്കാണും അപ്പോൾ അവർ വളരെ ഞങ്ങളെയൊക്കെ ഞങ്ങളെ ആശുപത്രിയിലൊക്കെ ആയിരുന്ന സമയത്തൊക്കെ ഞങ്ങളെക്കുറിച്ച് വളരെ കൺസേണോടുകൂടെ കരുതിയ ഒരു കുടുംബമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അവരെന്നെ വിളിച്ചു പറഞ്ഞു അവർ ഈ ഒരു വളരെ ബ്രീഫ് ഒരു വിസിറ്റിന് വേണ്ടി കേരളത്തിൽ വരുന്നു അപ്പോൾ കേരളത്തിൽ വരുന്നുണ്ട് അവർ പത്തൊമ്പതാം തീയതി കൊച്ചിയിൽ വരുന്നു ഇരുപതാം തീയതി വരുന്നു അപ്പോൾ എനിക്കും ഞാനൊരു കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾ വന്നാട്ടെ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാം അവർക്ക് ഹൗസ് ബോട്ടിൽ പോകണം ഞാൻ കുമരകത്ത് കൊണ്ടുപോകാം ഞാനെല്ലാം ചെയ്യാം ഞാൻ വിചാരിച്ച് എനിക്ക് കോളേജിലാണെങ്കിൽ തിരക്കാണെങ്കിൽ ലീവ് എടുക്കാം എന്ത് കാര്യങ്ങളും കാര്യം ഇത്രയും നമ്മളെ പ്രിയപ്പെട്ട സ്നേഹിച്ച് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഡേറ്റ് നോക്കിയപ്പം പത്തൊമ്പതാം തീയതി രാത്രി വൈകിട്ട് വരും പത്തൊമ്പതാം തീയതി ഇവിടെ താമസിച്ചിട്ട് ഇരുപതാം തീയതിയാണ് വരുന്നത് അപ്പോൾ ഇരുപതാം തീയതി എന്താ ദിവസം നോക്കിയപ്പോൾ ഉണ്ട് അതായത് മെയ് മെയ്യിലും മെയ് മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ആ അപ്പോൾ ഇരുപതാം തീയതി ഞായറാഴ്ച അപ്പം വന്നാൽ വന്ന് അപ്പം ഞാൻ അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞായറാഴ്ച ഞാൻ ഫ്രീയല്ല അപ്പം ഞായറാഴ്ച ഞാൻ ഫ്രീയല്ല എനിക്ക് ഞായറാഴ്ച പറ്റില്ല ഞായറാഴ്ച ഞാനൊരു നാല് മണിക്ക് ശേഷമേ ഫ്രീ ആവുകയുള്ളൂ അപ്പം അവർ ഇവിടെ വന്ന് പിന്നെ മറ്റു പല സ്ഥലങ്ങളിൽ പോകാനുണ്ട് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി തിരിച്ചു പോവുകയാണ് പത്ത് വർഷത്തിന് ശേഷം വരുമ്പോൾ പക്ഷേ നമുക്ക് എന്നെ സംബന്ധിച്ചോളം നമ്മെ സംബന്ധിച്ചോളം നമുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്കൊരു നിലപാടില്ല എങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അങ്ങനെ അങ്ങ് പോകും അതൊഴുക്കിനനുസരിച്ച് പോകും നമ്മുടെ ബന്ധുക്കളാകട്ടെ നമ്മുടെ റിലേറ്റീവ്സ് ആകട്ടെ നമ്മുടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ നമ്മുടെ ഏറ്റവും ചർച്ചക്കാരാകട്ടെ അവരൊരു കല്യാണത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഈ ദിവസമാണെങ്കിൽ ഞാൻ വരില്ല എന്നെ എനിക്ക് പറ്റില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം ആ രീതിയിലുള്ള ഒരു നിലപാട് നമുക്ക് ഇല്ല എങ്കിൽ നമ്മെ നമുക്ക് വ്യക്തിപരമായി കർത്താവിനെ പിൻപറ്റുന്ന കാര്യത്തിൽ ഒരുവൻ എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുവാൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം മകനെയോ മക മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് പറഞ്ഞ് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും അപ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ക്രൂശിനെ സ്പർശിച്ച് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തെ നിഷേധിക്കുന്നു എൻ്റെ ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ ഞാൻ ക്രൂശിനെ സ്പർശിക്കുന്നു ഞാനൊരു നിലപാടെടുക്കുന്നു എനിക്ക് ഈ കാര്യത്തിൽ എനിക്ക് പറ്റുകയില്ല എന്ന് നിലപാടെടുക്കുമ്പോഴാണ് നമുക്ക് ദൈവഭക്തിയുടെ മർമ്മം നമുക്ക് വെളിപ്പെടുന്നത് നമുക്കത് വ്യക്തത കിട്ടുന്നത് ആ വ്യക്തതമായ ആ വഴിയിൽ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട് നമ്മെപ്പോലെ ആ സാഹചര്യത്തിൽ വീട്ടിൻ്റെ സാഹചര്യത്തിൽ പല തരത്തിലുള്ള ബന്ധുക്കളുടെയും ഒക്കെ ഒക്കെ അവിടെ അവർ പറഞ്ഞു നീ ഇപ്പോൾ പോകുന്നില്ലേ അവിടെ ഉത്സവം നടക്കുകയാണ് നീ വരുന്നില്ലേ എൻ്റെ സമയം ആയിട്ടില്ല കർത്താവ് പറഞ്ഞു എനിക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റില്ല എനിക്കൊരു പിതാവുണ്ട് പിതാവിൻ്റെ പിതാവ് പറയുന്നതിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ എൻ്റെ സമയം ആയിട്ടില്ല ഞാനിപ്പോൾ വരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് യേശു അതാ പോകുന്നു അപ്പോൾ ഉടനെ ഇവർ ഇത് യേശു എന്താണ് ഇത് ഇങ്ങനെ പെരുമാറുന്നത് അവരുടെ ബന്ധുക്കൾക്ക് അവനെ മനസ്സിലായില്ല യേശുവിന് യേശുവിന് ഒരു വ്യക്തമായ നിലപാടുണ്ടായിരുന്നു ഒരു സമയത്ത് തൻ്റെ മാതാവ് ദൈവത്തിൻ്റെ ദൈവികമായ നമ്മൾ ഒരു ആ സമയത്ത് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിൽ നിന്ന് യേശുവിനെ തിരിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ യേശു പറഞ്ഞു സ്ത്രീയെ എൻ്റെ അമ്മയാണ് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് എന്നെ മാറ്റുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എനിക്കിവിടെ ഒരു നിലപാടുണ്ട് എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഒരു സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞു നിൻ്റെ നിന്റെ ബന്ധുക്കൾ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ആരാണ് എൻ്റെ ബന്ധുക്കൾ ആരാണ് എൻ്റെ റിലേറ്റീവ്സ് നിൻ്റെ വചനം അനുസരിക്കുന്നവരാണ് എൻ്റെ റിലേറ്റീവ്സ് പ്രിയ സൗരസവന്മാരെ നിങ്ങളുടെ ബന്ധുക്കളെക്കാൾ നിങ്ങളുടെ ചാർച്ചകളെ ചാർച്ചക്കാരെക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് എനിക്ക് യേശുവാണെനിക്ക് മുഖ്യം ഞാൻ യേശുവിനെ ഞാൻ പിൻപറ്റും എന്നുള്ള നിലപാടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി യേശുവിനെ പിൻപറ്റുവാനുള്ള ദൈവഭക്തിയുടെ മർമ്മം നിങ്ങൾക്ക് വെളിവാകും ആ വഴിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും ആ രീതിയിൽ നിങ്ങളൊരു നിലപാടെടുത്ത് നമ്മളൊരു നിലപാടെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ മണ്ണിനടിയിൽ നിൽക്കുന്ന ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനെ തുടർന്ന് എല്ലാ പരീക്ഷകളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടിട്ടും ആ പരീക്ഷയിൽ വേണ്ട എന്ന് പറഞ്ഞ് പിശ്ചാജ് പരീക്ഷിക്കപ്പെട്ട് യേശുവിനെ കൊണ്ടുപോയപ്പോൾ ആ സമയത്തൊക്കെ പിശ്ചാജിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നിക്കൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി ഒരു നിലപാടോടെ കർത്താവ് നിന്നു അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമ്മുടെ സമ്മർദ്ദങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകൾ സൗതാപം കാണിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താ നമുക്ക് ഒരു വെളിപ്പാട് കിട്ടേണ്ടത് നമുക്ക് സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് കിട്ടണം അപ്പോൾ സഭ ഞാൻ പറഞ്ഞു സഭ എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ നിലയാണ് അപ്പം നേരിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സഭയിലേക്കല്ല പോകുന്നത് അതിനിടയിൽ എന്താണ് കുടുംബമാണുള്ളത് അപ്പോൾ അതിനിടയിൽ കുടുംബം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ സഭ എന്ന മർമ്മത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സഭ എന്ന മർമ്മത്തെക്കുറിച്ച് എഫ് എ സു എഴുതിയപ്പോൾ അവിടെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാര്യത്തെ അപ്പോ സോ പൗലൂസ് നമുക്ക് ആ ഭാഗം നമുക്ക് നോക്കാം എഫ് എ സു എഫ് എ സു ലേഖിന് അഞ്ചാം അധ്യായത്തിൽ ഈ മർമ്മം വലിയത് മുപ്പത്തിരണ്ടാം വാക്യം ഞാൻ ക്രിസ്തുവിനെയും സഭയും ഉദ്ദേശത്തേ പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിരണ്ടാം വാക്യം മുതൽ ആണ് ആ അത് പറയുന്നതിൻ്റെ ഈ മർമ്മം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇരുപത്തിരണ്ടാം മുതലുള്ള വാക്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടാവണം നമുക്ക് ദൈവവചനങ്ങൾ അതിൻ്റെ കോണ്ടക്സ്റ്റിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം രേഖപ്പെടുത്തിയിരിക്കുന്ന കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുക ഇരുപത്തിരണ്ടിൽ എന്താ പറയുന്നത് ഭാര്യമാരെ കർത്താവിൻ പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങു സഭയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് പറയുന്ന ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം അപ്പോൾ നമുക്ക് സഭയെക്കുറിച്ചുള്ള ഒരു മർമ്മം ഞാൻ പറഞ്ഞു നേരത്തെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചില നിലപാടുകൾ എടുക്കണമായിരുന്നു നമ്മുടെ ബന്ധുക്കൾ ചർച്ചക്കാർ ഇവിടെയൊക്കെയുള്ള പല കാര്യങ്ങളിൽ നമുക്ക് നിലപാടെടുക്കണമായിരുന്നു ഇവിടെ ഇതാ സഭ എന്ന മർമ്മം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പ്രിയ സൗദരിമാരെ നിങ്ങളിൽ ആർക്കെങ്കിലും പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളിലാർക്കെങ്കിലും യഥാർത്ഥത്തിലുള്ള സഭ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അത് വെളിപ്പെടുന്നില്ല നിങ്ങൾ നോക്കുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഭർത്താവിനെ കീഴ്പ്പെടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഭർത്താവിനെ കീഴ്പ്പെടുന്ന ഒരു വഴിയിലാണോ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെടുന്ന ഒരു വഴിയിലാണോ കുഞ്ഞുങ്ങളെ നിങ്ങൾ പോകുന്നത് ആ വഴിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരു വിവാഹ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുന്നത് സഹോദരിമാരോട് പറയാറുണ്ട് നിൻ്റെ പിതൃഭവനം നീ മറക്കുക ഭർത്താക്കന്മാരോട് പറയുന്നു നിൻ്റെ ഒരു ഒരുവൻ അവൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അപ്പോൾ ഈ കോണ്ടക്സ്റ്റ് എല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ സഭ എന്ന മർമ്മത്തെക്കുറിച്ച് പറയുന്നത് ഓക്കെ അത് നമുക്ക് ആദ്യം പെട്ടെന്ന് സഹോദരിമാരുടെ ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുക നമുക്ക് യഥാർത്ഥത്തിൽ സഭയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട് ലഭിക്കണമെങ്കിൽ സഭ എന്ന മർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തി നമ്മുടെ കുടുംബജീവിതത്തിൽ നാം ഒരു ഭാര്യ എന്ന നിലയിൽ കർത്താവെ എനിക്ക് വേണ്ടുവണ്ണം എനിക്ക് കീഴ്പ്പെടാനായിട്ട് പറ്റുന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന നിലവാരത്തിനനുസരിച്ച് എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ഒരു സഹോദരി ഒരു ശിശുവിനെ പോലെ ഒരു തകർന്ന ഹൃദയത്തോടെ കർത്താവെ എന്നെക്കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിൽക്കുമ്പോൾ അവൾ ദൈവം അവൾക്ക് മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്ക ഒരു ഹൃദയത്തിൻ്റെ നിലവാരത്തിലാണ് അവൾ നിൽക്കുക കർത്താവെ എന്നെ കൊണ്ട് വേണ്ട വണ്ണം എൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കുവാൻ ബഹുമാനത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ഭർത്താവിന് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തുവിന് സഭ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് കീഴ്പ്പെടാനായിട്ട് കഴിയുന്നില്ല കർത്താവിനെന്ന പോലെ കർത്താവിനെന്ന പോലെ എന്നുള്ള ചില വിശേഷണങ്ങളുണ്ട് അപ്പം ദൈവചനത്തിലുള്ള ചില വിശേഷണങ്ങൾ കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം നമ്മുടെ നിസ്സഹായത നമ്മളെത്ര ചെറുതാണ് എന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കർത്താവിനെന്ന പോലെ കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ കർത്താവെ ഞാൻ അതിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നൊരു സഹോദരി കണ്ടെത്തി ആ സഹോദരി ഉള്ളത്തിൽ ഒരു കരച്ചിലുണ്ടാകുന്നു ഒരു ആവശ്യബോധമുണ്ടാകുന്നു ഒരു ശിശുവിനെ പോലെ ആ സഹോദരിയുടെ ഹൃദയത്തിൽ അപ്രകാരം ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് തലയാകുന്നു എൻ്റെ തലയാണ് എൻ്റെ ഭർത്താവ് എൻ്റെ തലയായിരിക്കുന്ന കർത്താവിനെ പോലെ എൻ്റെ തലയായിരിക്കുന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ നിന്നിച്ച് ഞാൻ ഒരു വാക്ക് പറയാനായിട്ട് ഞാൻ പാടില്ല ഞാൻ നിന്നയോടെ അല്ലെങ്കിൽ ഞാനൊരു അവഗണനയോടെ അല്ലെങ്കിൽ പുച്ഛാവത്തോടെ അല്ലെങ്കിൽ ഞാൻ കീഴ്പ്പെടുന്നൊരു മനോഭാവമില്ലാതെ എതിർത്ത് സംസാരിക്കുന്ന ഒരു ഒരു ഭാവം എനിക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല എന്നൊരു സഹോദരി കാണുകയും അങ്ങനെയുള്ള മത്സരങ്ങൾ ഉള്ളിൽ നിന്ന് വരുമ്പോൾ കർത്താവെ എന്നെ സഹായിക്കണമേ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയത്തിൽ അവസ്ഥയിൽ ഒരു സഹോദരി ആയിരിക്കുമ്പോൾ ദൈവ ദൈവം സഭയെന്ന മർമ്മം അങ്ങനെയുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും അതിനെ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും നമ്മളും സഹോദരന്മാരോടൊക്കെ നമ്മളോടൊക്കെ ചോദിച്ചാൽ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ പിന്നെ ഞാനല്ലാതെ വേറെ ആരാ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എത്ര സ്നേഹിക്കുന്നു നമ്മൾ ചർച്ചിൽ വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മൾ കാണുമ്പം നമ്മളിപ്പോ വിളിക്കുന്ന പേരൊക്കെ വിളിക്കുന്നത് കേട്ടാൽ അയ്യോ എന്തൊരു ഇതായിട്ടാണ് നമ്മൾ വിളിക്കുന്നത് നമ്മൾ നമുക്കൊരു ചില പെറ്റ് നെയിംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വിളിക്കുന്നത് എത്ര നല്ല രീതിയിലാണ് നമ്മൾ വിളിക്കുന്നത് സംബോധന ചെയ്യുന്നത് നമ്മൾ പറയും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഭർത്താക്കന്മാർ നമ്മളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ സഭ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ കർത്താവ് വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു ഒരു ഭർത്താവെന്ന നിലയിൽ കർത്താവെ ഞാൻ എത്ര എത്ര കുറവുള്ളവനാണ് എന്നെ തന്നെ പൂർണ്ണമായി ആ രീതിയിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ ഭാര്യ കറയും ചുളുക്കവും ഒന്നുമില്ലാത്തവളായി കർത്താവെ അവളെ നിർത്തുവാൻ കർത്താവെ അവളെ ആ രീതിയിൽ സ്നേഹിക്കുവാൻ കർത്താവെ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങ് പറഞ്ഞ അളവിനനുസരിച്ച് കർത്താവെ ഞാൻ സ്നേഹിക്കുന്നില്ല അങ്ങ് പറഞ്ഞ ആ വഴിയിൽ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവും അവിടെ പറയുന്നത് എന്നിട്ടാണ് അവിടെ പറയുന്ന ഈ ഒരു പ്രയോഗം ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ ഇരുപത്തിയൊമ്പതാം വാക്യം ക്രിസ്തുവും സഭയെ ചെയ്യുന്നതുപോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത് പോറ്റി പുലർത്തുക അവിടെ ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നറിഷസ് ആൻഡ് ചെറിഷ്യസ് നറിഷസ് ആൻഡ് ചെറിഷ്യസ് പ്രിയ ഭർത്താക്കന്മാരെ നമ്മുടെ ഭാര്യമാരെ നമ്മൾ നറിഷ് ചെയ്യുന്നവരാണോ അവരെ ചെറിഷ് ചെയ്യുന്നവരാണ് നറിഷ് ചെയ്യുക നമ്മുടെ ചെടികളൊക്കെ നടുന്ന മൃതറിനൊക്കെ അതറിയാം അവിടെ വെള്ളമൊഴിച്ചുകൊടുക്കാൻ തക്ക സമയത്ത് വളമിടാൻ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം എപ്പോഴും വന്നപ്പോൾ മൃതർ പറഞ്ഞു ഇപ്പോൾ വളമിട റംബുട്ടാൻ വളമിടേണ്ട സമയമാണ് അപ്പം ആൾക്കാർക്ക് തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി കലണ്ടറൊക്കെ തന്നിട്ടുണ്ട് അതായത് ആ കലണ്ടറിനകത്ത് എപ്പോഴൊക്കെയാണ് വളമിടേണ്ടത് നറിഷ് ചെയ്യണം അതിനകത്ത് നട്ടാ പോരാ നറിഷ് ചെയ്യണം എൻ്റെ റംബൂട്ടൻ നറിഷ് ചെയ്യണം എന്ന് എനിക്കറിയാം അതിന് കലണ്ടർ വെച്ച് ഞാൻ രണ്ട് റംബൂട്ടൻ ഉണ്ട് വീട്ടിൽ അതിനെ നറിഷ് നമ്മൾ ശ്രമിക്കുന്നു പക്ഷേ അതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ നറിഷ് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഞാൻ നറിഷ് ഞാൻ ആ രീതിയിൽ ചെറിഷ് ഞാൻ അതിൽ ആ രീതിയിൽ പോറ്റി പുലർത്തുന്നുണ്ടോ നമ്മെ തന്നെ ആ രീതിയിൽ ചോദന ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ കുറവുകളെ കാണാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു വഴിയിൽ നമ്മുടെ കുടുംബജീവിതത്തെ നമ്മൾ പണിയാനായിട്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണിയാനായിട്ട് തുടങ്ങുമ്പോഴാണ് നമുക്ക് സഭയെക്കുറിച്ചുള്ള നമ്മുടെ വെളിപ്പാടുകൾ വെളിപ്പാട് നമുക്ക് ലഭിക്കുക പ്രിയ ഭാര്യമാരെ നിങ്ങൾ ആ രീതിയിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവാനും നിങ്ങൾ ഭർത്താവിനെ തലയെന്ന് കാണുവാനും ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുവാനും എല്ലാ കാര്യത്തിലും ഭർത്താവിനെ ബഹുമാനിച്ച് ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുവാനും നിങ്ങൾ അഭ്യസിക്കുകയും ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട് അങ്ങനെ സ്നേഹിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഇവിടെ പറയുന്നത് മുപ്പത്തിയൊന്നാം വാക്യം ഭർത്താക്കന്മാരോട് പറയുന്നു അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായിത്തീരും നമ്മൾ ആദ്യകാലങ്ങളിൽ ഈ വാക്യം വാക്യൊക്കെ വളരെയധികം നമ്മൾ ഊന്നൽ നൽകുമായിരുന്നു ഇപ്പോൾ നമ്മൾ അത്രയധികം ഒന്നും ഇതിനെക്കുറിച്ച് പറയാറില്ല എന്നാൽ പലരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ അവരുടെ കുടുംബജീവിതം ശരിയായിട്ട് പോകാത്തതിൻ്റെ കാരണം യഥാർത്ഥ കാരണം നോക്കിയാൽ ഭർത്താവ് ഇതുവരെ അപ്പനെയും അമ്മയും വിട്ടിട്ടില്ല ഇപ്പോഴും അപ്പനെയും അമ്മയും വിട്ട് അപ്പോൾ ഭാര്യയോട് പറ്റിച്ചേരണം ഭാര്യയെ നറേഷ് ചെയ്യണം പൂറ്റി പക്ഷേ അവിടെ ഒരു നിലപാടെടുത്തിട്ടില്ല ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും വിട്ട് നമ്മുടെ കേരളത്തിലെ കൾച്ചർ അനുസരിച്ച് കല്യാണം കഴിക്കുമ്പോൾ എന്താ കല്യാണം കഴിക്കുന്നു ഇന്നത്തെ പല ചെറുപ്പക്കാരും അവർക്ക് ഈ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തതയില്ല കല്യാണം കഴിക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഒരു കുട്ടിയെ ആ കുട്ടിയെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു അതായത് ഇവിടെ പേരൻസൊക്കെയുള്ള ഈ കുടുംബത്തിലേക്ക് ഒരു കല്യാണം കഴിച്ച് ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെയല്ല ദൈവചനത്തിൻ്റെ പ്രമാണം ഒരു പെൺകുട്ടിയോട് പറയുന്നത് നിൻ്റെ അപ്പനെയും അമ്മയും മറക്കുക ഒരു ആൺകുട്ടിയോട് പറയുന്നു നീ നിൻ്റെ അപ്പനെയും അമ്മയും വിടുക എന്നിട്ട് ഒരു പുതിയ കുടുംബമായി തീരുക അതൊരു പുതിയ കുടുംബമാണ് അല്ലാതെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ കുടുംബത്തിൻ്റെ ഭാഗമായി തീരുകയല്ല അപ്പോൾ ഇങ്ങനെയൊരു വ്യക്തമായ നിലപാട് നീ അപ്പനെയും അമ്മയും നീ വിടണം ഇപ്പോൾ നിൻ്റെ കുടുംബജീവിതത്തിലേക്ക് നീ പ്രവേശിച്ച് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളിൽ ഓരോ കാര്യം എടുക്കുമ്പോൾ ആ അമ്മ അങ്ങനെ പറഞ്ഞു അമ്മയുടെ കണ്ണീർ കണ്ടു അമ്മയുടെ കണ്ണീര് കണ്ട ഉടനെ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾക്ക് ആദ്യം ആ രീതിയിൽ ഞങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒക്കെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മയും ഈ കാര്യത്തിൽ എൻ്റെ മാതാവാണെങ്കിലും ഈ കാര്യങ്ങളെക്കുറിച്ച് അമ്മയ്ക്കും ആ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇപ്പോൾ നന്നായിട്ട് പോകുന്നു ഞങ്ങൾക്ക് എനിക്കൊരു നിലപാടെടുക്കേണ്ടി വന്നു ആദ്യകാലങ്ങളിൽ വളരെയധികം നിലപാടെടുക്കേണ്ടി വന്നു ചില സമയത്ത് അവർക്ക് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ ദൈവം ഞങ്ങളെ മുമ്പോട്ട് നടത്തി ദൈവം ഞങ്ങളെ മുമ്പോട്ട് നടത്തി ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട് പ്രിയ സൗരസവന്മാർ ഇവിടെ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ സഹോദരങ്ങളും നിങ്ങളും ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ വിവാഹം കഴിയുമ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ ഒരു പെൺകുട്ടിയുടെ കൈപിടിച്ച് നിങ്ങൾ വരുമ്പോൾ ആ പെൺകുട്ടിയുടെ തലയാണ് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ ആ ഉത്തരവാദിത്വം എടുക്കണം അത് കഴിഞ്ഞിട്ട് ബന്ധുക്കൾ അങ്ങനെ പറയുന്നു പിന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറഞ്ഞു അതിനനുസരിച്ച് നിങ്ങൾ ആ താളത്തിനനുസരിച്ച് തുള്ളേണ്ടവരല്ല ഈ കാര്യത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകണമെന്ന് നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് അമ്മ ഇച്ചിരി കരഞ്ഞാൽ സാരമില്ല അപ്പന ഇച്ചിരി പ്രയാസപ്പെട്ടാൽ സാരമില്ല ബന്ധുക്കൾ ഇച്ചിരി പ്രയാസപ്പെട്ട സാരമില്ല നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം അതാണ് ദൈവവചനത്തിൻ്റെ വഴി വഴി അപ്പനയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അങ്ങനെ പറ്റിച്ചേരുമ്പോഴാണ് നമുക്ക് ഭാര്യയെ നറിഷ് പറ്റുന്നത് ചെറീഷ് പറ്റുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് പലപ്പോഴും സ്വാർത്ഥതയോടെ കുറേ കഴിയുമ്പോൾ കുടുംബജീവിതമൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴൊക്കെ ഇപ്പം തേനെ പാല് കണ്ണേ കരളെ എന്നൊക്കെയാണ് കുറേ കഴിയുമ്പോൾ പല മൃഗങ്ങളുടെ പല വീടുകളിലും വിളിക്കുന്നത് അപ്പോൾ നമുക്ക് വർഷങ്ങൾ കഴിയുമ്പോഴും കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമുക്ക് നമ്മുടെ ഭാര്യമാരെ കരുതാൻ സ്നേഹിക്കാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആദ്യം എന്തൊക്കെയാ ഭർത്താവ് വരുമ്പോൾ ഈയോ എല്ലാം എടുത്ത് വിളമ്പി പിന്നെ കൊണ്ട് കാത്തിരുന്ന് ഭർത്താവിന് വേണ്ടി കാത്തിരുന്ന് കർത്താവിനെ കരുതുന്ന ഭാര്യമാർ കുറേ കഴിയുമ്പോൾ വർഷം പത്ത് ഇരുപത് വർഷം കഴിഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞു അതാ വേണേ കഴിച്ചു എന്നുള്ള ഒരു മനോഭാവമാണ് വേണേ കഴിച്ചു നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ആ രീതിയിൽ ഭർത്താവ് ജോലി ചെയ്യുന്നു ഭർത്താവിൻ്റെ പല ബുദ്ധിമുട്ടുകളുണ്ട് ആ പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവിന് ഞാൻ ദൈവത്തിന് നന്ദി ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു ഞാനിപ്പം വീട്ടിൽ പോകും വീട്ടിൽ നിന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് രാവിലെ ഒരു പുതിയ ചോറ് കിട്ടാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ ചോറോ എന്തെങ്കിലും പാക്ക് ചെയ്ത് എനിക്ക് കിട്ടും ഞാൻ ദൈവത്തിന് നന്ദി നന്ദിയുള്ളവനാണ് അത് കൊണ്ടുപോയി എനിക്ക് അവിടെ നിന്ന് അവിടെ ചെന്ന് പോയി അവിടുത്തെ ഭക്ഷണം കഴിക്കണ്ട എനിക്ക് നമ്മുടെ ഭാര്യമാർ ഈ രീതിയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ മുപ്പത് വർഷം കഴിയുമ്പോൾ നാൽപ്പത് വർഷം കഴിഞ്ഞാലും എൻ്റെ ഭർത്താവ് ആ ഭർത്താവിനെ ബഹുമാനിക്കണം ഭർത്താവിനെ കരുതണം ഭർത്താവിന് വേണ്ടി ഞാൻ നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർ എൻ്റെ ഭാര്യ അവൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞു എന്നെ ഇത്രത്തോളം അവളെ ശുശ്രൂഷിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെക്ക് വേണ്ടി അവൾ ഇത്രയധികം പാടുപെട്ടു അവളെ കരുതാൻ അവളെ നറിഷ് അവളെ ചെറി അവൾക്ക് നല്ല ആരോഗ്യം അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ കർശനയുള്ളവനായിരിക്കണം അവളുടെ സന്തോഷം അത് എൻ്റെ എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം ഈ കാര്യങ്ങളിൽ അപ്പനയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്ന ആ രീതിയിൽ നിലപാടുള്ള ഒരു ഭർത്താവ് നിലപാടുള്ള ഒരു ഭാര്യയാണ് അപ്പോൾ അവരുടെ പറയുന്നത് മുപ്പത്തിരണ്ടാം വാക്യം ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടത് ഈ ഈ കോണ്ടക്സ്റ്റിലാണ് പറയുന്നത് ഈ മർമ്മം വലിയത് പ്രിയ സൗരിസവന്മാരെ അപ്പോൾ ഞാൻ തുടങ്ങി പറഞ്ഞു വന്നത് സഭ എന്ന് പറയുന്നത് ഒരു കോൺക്രിയേഷനല്ല പിന്നെ എന്താണ് സഭ സഭ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എഫ് എസ് ലേഖനം നാലാമധ്യായത്തിൽ അവിടെ സഭയെക്കുറിച്ച് പല കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് എന്തിനാണ് സഭയിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്വം ഉള്ള ആളുകളുണ്ട് അവിടെ സഭയിൽ ഈ പതിനൊന്ന് മുതൽ എഫ് എസ് ലേഖനം നാലാമധ്യായം എഫ് എസ് ലേഖനം മുഴുവൻ ഒരു സഭയെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ സഭയെക്കുറിച്ച് പറയുന്ന ഈ മർമ്മത്തെ വ്യക്തമാക്കുന്ന ഒരധ്യായമാണ് അവിടെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം അവിടെ സഭയിൽ പലതരത്തിലുള്ള അവൻ സഭയിലുള്ള ശുശ്രൂഷകളെ കുറിച്ച് പറയുന്നു സഭയിൽ ചിലരെ അപ്പൊസ്തുലന്മാരായി ചിലരെ പ്രവാചകന്മാരായി ചിലരെ സുവിശേഷകന്മാരായി ഇടയന്മാരായി ഉപദേഷ്ടകന്മാരായി നിയമിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ ഒരു കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടമാണെങ്കിൽ ആ ആൾക്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചുറ്റിനും കാണുന്ന സഭയല്ലാതിരിക്കുന്ന ഈ ആൾക്കൂട്ടം അവിടെ ഇന്ന് നമ്മൾ നേരത്തെ ആയിരുന്ന മർത്തോമ ചർച്ചാകട്ടെ യാക്കോബ ചർച്ചാകട്ടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് ചർച്ചാകട്ടെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പലതരത്തിലുള്ള പെൻറ്റ കോസ്റ്റൽ ചർച്ചാകട്ടെ അവിടെ ഒരു ആൾക്കൂട്ടം ഒന്നിച്ച് കൂടി വരുന്നു ആൾക്കൂട്ടത്തിന് അവർക്കൊരു ഒരച്ഛനുണ്ട് അല്ലെങ്കിൽ ഒരു പാസ്റ്ററുണ്ട് ആരെങ്കിലും അപ്പോൾ ഒരാൾക്കൂട്ടം ഒരു പാസ്റ്റർ ആൾക്കൂട്ടം ഒരു അച്ഛൻ അപ്പം ഈ ആൾക്കൂട്ടം അവർ സാധാരണ ആളുകൾ ആൾക്കൂട്ടം വന്നു അവർ കുർബാന കാണുന്നു അല്ലെങ്കിൽ ആരാധന കാണുന്നു ആരാധനയിൽ പങ്കെടുക്കുന്നു ആരാധന കണ്ടു അവർ പോകുന്നു എന്നാൽ അവർക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട് ഓരോരുത്തരും ഈ സഭയുടെ ഭാഗമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ എന്നുള്ള ബോധ്യം പലർക്കുമില്ല ഇവിടെ പറയുന്നത് എന്താണ് എന്തിനാണ് ഈ ശുശ്രൂഷകളൊക്കെ നൽകിയിരിക്കുന്നത് എന്തിനാണ് ഒരു അപ്പോസ്തുലിനൊരു സഭയെ സ്ഥാപിക്കുന്നത് അപ്പോസ്തുലിനൊരു സഭയെ സ്ഥാപിച്ചിട്ട് സഭയിൽ എന്തിനാണ് പ്രവാചകന്മാരുള്ള ദൈവവചനം ദൈവവചനം സംസാരിക്കുന്ന ദൈവവചനം പാപബോധം ഉണ്ടാകുന്ന ഉത്സാഹം പകരുന്ന ആശ്വാസം പകരുന്ന ദൈവവചനം എന്തിനാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഇടയന്മാർ സഭയിലുള്ളത് ഇടയന്മാർ വന്ന് ആളുകളെ ആ രീതിയിൽ പരിപാലിക്കുകയും ഉത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അവർ ഇടയന്മാരായി അവരപ്പസ്തുലന്മാരായി പ്രവാചകന്മാരായി ഏതെങ്കിലും ഒരു പാസ്റ്റർ ഒന്ന് ടൈറ്റിലിൽ അവരിയ്ക്കാനും ആളുകൾ സാധാരണ രീതിയിലുള്ള ആളുകളായിട്ട് ഇരിക്കാനും വേണ്ടിയല്ല അവിടെ എന്താണ് ഇവിടെ പറയുന്നത് അവരെ ഈ പറഞ്ഞിരിക്കുന്നത് ചിലരെ പ്രവാചകന്മാരായി ഇസോസിയേഷന്മാരായി ഇടയന്മാരായി ഉപദേഷ്ടക്കന്മാരായി നിയമിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം വാക്യം അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും അവിടെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക ക്രിസ്തുവിൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വിശുദ്ധന്മാരുടെ അവിടെ പറയുന്നത് ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ് എക്യുപ്പിംഗ് യഥാസ്ഥാനം അല്ല എക്യുപ്പിംഗ് ഓഫ് ദ സയൻസ് പന്ത്രണ്ടാം വാക്യം ആൻഡ് ഹി ഗേവ് സം എസ് എ പോസിൽ സെസ് പ്രോഫെറ്റ് സം എസ് ഇവാഞ്ചലസ് സമെസ് പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് പന്ത്രണ്ടാം വാക്യം ഫോർ ദ എക്യുപ്പിംഗ് ഓഫ് ദ സയൻസ് ഇവിടെയുള്ള പ്രിയ സഹോദര താങ്കളൊരു സൈൻറ് ആണ് പ്രിയ സഹോദരി താങ്കളൊരു സൈൻറ് ആണ് എന്ന് പറഞ്ഞ അല്ല അൽഫോൻസേ ഉള്ളൂ സെയിൻ്റ് ഇന്ന സെയിൻ്റേ ഉള്ളു ഇന്ന സെയിൻറ്റേ ഉള്ളു നമ്മളാരും നിങ്ങളൊരു സെയിൻ്റ് ആണ് എന്നാണ് ദൈവവചനം പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ട് ഭർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ഈ സെയിൻ്റ് ആയിരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അവരെ ഒരുക്കണം അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതി നിറവേറ്റുവാനായിട്ട് ഓരോരുത്തരെയും ഒരുക്കണം അതിനുവേണ്ടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ ദ കീപ്പിംഗ് ഓഫ് ദ സെയിൻറ്സ് ഫോർ ദ വർക്ക് ഓഫ് സർവീസ് ടു ദ ബിൽഡിംഗ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പണിക്കായി Until we all attain to the unity of the faith and the knowledge of the Son of God to a mature man to the measure of the stature which belongs to the fullness of Christ. That Christ is the most important thing. There is one of the faith here. One of the things that is important. That God is the most important thing. He is the most important thing. He is the most important thing in the world. That is why there is a few important things. A few clergy, Sí, are of ി എന്നാണ് നേരത്തെ ഉണ്ടത് ക്ലേജി ലൈറ്റി അങ്ങനെയുള്ള ഒരു വേർപാടിന് വേണ്ടിയല്ല ഈ സൗരന്മാരെല്ലാവരും ചേർന്ന് എല്ലാവരെയും ഉത്സാഹിപ്പിച്ച് നമ്മളെല്ലാം ചേർന്ന് നമ്മളൊരു ശരീരത്തിൻ്റെ അവയവമാണ് അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശരീരം ഈ ഒരു പിക്ചർ ഇതാണ് നമുക്കൊരു വെളിപ്പാടായിട്ട് ലഭിക്കേണ്ടത് സഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ് ആ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട് ഈ ശരീരത്തിൽ ഈ അവയവം ശരീരത്തിൽ വിരളിന് പങ്കുണ്ടോ വിരളില്ലാതിരിക്കണം അപ്പോൾ അറിയാം വിരൽ എത്ര ചെറിയ ഇതാണ് വിരൽ വിരലില്ലെങ്കിലോ വിരളില്ലെങ്കിൽ ഞങ്ങൾ തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നപ്പോൾ അവിടെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ താമസിച്ച ആ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ അവിടെ ഒരു ലെപ്രസിടെ ഒരു സ്ഥലവും കൂടെ ഉണ്ട് ലെപ്രസി ഒരു ക്യാമ്പുണ്ട് അവിടെ പല ആളുകൾക്കും വിരലില്ല അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് വിരലുകളിലൊക്കെ പോയി കാലിൻ്റെ വിരലുകളില്ല നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു ചെറിയ പക്ഷെ വിരലിന് എത്രയധികം പ്രാധാന്യമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് ചില അവയവങ്ങൾ മറിഞ്ഞിരിക്കുന്നത് ഹൃദയം ചില അവയവങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചു ഹൃദയം ഒരു രാത്രി ഹൃദയം വിചാരിക്കുക ഇതട ഇത് കാല് കിടന്ന് ഉറങ്ങുന്നു കൈ കിടന്ന് ഉറങ്ങുന്നു ഈ അവയവങ്ങളെല്ലാം കിടന്നു ഉറങ്ങുന്നു ഞാൻ മാത്രം രാത്രിയിരുന്നു ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ മാത്രം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഞാൻ ഇന്ന് രാത്രി ഞാൻ റെസ്റ്റ് എടുത്തേക്കാം അപ്പൊ ഹൃദയം രാത്രി റെസ്റ്റ് എടുത്താൽ ഏതൊരു സഹകരണം പറഞ്ഞു ഹൃദയം രാത്രി റെസ്റ്റ് എല്ലാ അവയവങ്ങൾക്കും യു ക്യാൻ റെസ്റ്റ് ഇൻ പീസ് അതാ നിങ്ങൾ മുഴുവൻ പിന്നെ പിന്നെ റെസ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ തുടർച്ചയായിട്ട് റെസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മെ നമ്മുടെ ചില അവയവങ്ങൾ ആന്തരികമാണ് ചില അവയവങ്ങൾ ബാഹ്യമാണ് നമ്മുടെ കൈ ചില അവയവങ്ങൾക്ക് പ്രോമിനൻസ് ഉണ്ട് ഇപ്പൊ നാവം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഉടനെ പിന്നെ ഇത് ഞാനാണ് ഞാൻ ഒരു നിമിഷം ശ്വസിച്ചില്ലെങ്കിൽ ഈ ശ്വസിക്കാനായിട്ട് എൻ്റെ മൂക്കും ഇതാണ് അപ്പം ഇതെപ്പോഴും ഈ നാവ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ എന്നെ കാണുന്നില്ല എന്നെ അറിയുന്ന പോലുമില്ല ജീവനെ നിലനിർത്തുന്നതിൻ്റെ പ്രധാന പങ്ക് ഞാനാണെന്ന് ആരും അറിയുന്നില്ല എല്ലാവരും ഈ നാവിനാണ് ക്രെഡിറ്റ് തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിൽ പ്രിയസവരസവന്മാരെ പല അവയവങ്ങളുണ്ട് നമ്മൾ നിങ്ങൾക്ക് നമുക്കധികം സമയമില്ല ഒന്ന് കൊരം തീർ പന്ത്രണ്ടാം അധ്യായം ഒന്ന് കോരന്തീർ പതിനാലാം അധ്യായം നിങ്ങൾ ഈ അധ്യായങ്ങളൊക്കെ പോയി ഒന്ന് വായിച്ചു നോക്കുക ഒന്ന് കൊരത്തിൽ പന്ത്രണ്ടും പതിനാലും അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ശരീരം എന്ന് പറയുന്നത് ആ ശരീരത്തിന് പല അവയവങ്ങളുണ്ട് എല്ലാ അവയവങ്ങളും ഒരവയവത്തിന് അതുപോലെ തന്നെ നമ്മളെ റോമാലേഖനത്തിൽ നമുക്ക് സുപ്പീരിയോറിറ്റി ഇല്ല നമുക്ക് ഒരു അവയവം വിചാരിക്കുക ആ ഞാൻ കണ്ടില്ലേ ഞാൻ എത്രയും സംസാരിക്കുന്നു ഞാനാണ് ഇപ്പം നടക്കുന്നത് ഇവൻ അവിടെ നിന്ന് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിച്ചിട്ടില്ലാതെ നടക്ക് കാല് പറ്റത്തില്ല ഞാൻ സഹായിച്ചല്ലാതെ പറ്റില്ല അപ്പോൾ ഉടനെ കാല് വിചാരിക്കുക ഞാനാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ കാല് വിചാരിക്കുക ഞാനാണ് പ്രധാനപ്പെട്ടത് എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ അങ്ങോട്ട് നട നടന്ന് മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒന്ന് കണ്ണടച്ചാൽ അപ്പോൾ ഉടനെ മനസ്സിലാവും പെട്ടെന്ന് തട്ടി വീഴും വീഴുന്ന ഉടനെ കാല് അയ്യോ ഞാനല്ല ഞാൻ എനിക്ക് കണ്ണ് കണ്ടില്ലെങ്കിൽ എങ്ങനെ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നേ ഉടനെ കണ്ണ് വിചാരിക്കുക അല്ല ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം കണ്ണിന് കണ്ണിന് എങ്ങനെ കണ്ണുവിടരുന്ന് കണ്ണ് മുമ്പോട്ട് പോകണമെങ്കിൽ കാലുവേണ്ടേ പ്രിയ സൗരിസൂർമാർ നമ്മള് നമ്മുടെ കാലും നമ്മുടെ കൈയും നമ്മുടെ വിരലുകളും നമ്മുടെ ആന്തരിക അവയവങ്ങളും നമ്മുടെ ഹൃദയവും നമ്മുടെ കിഡ്നിയും നമ്മുടെ കരളും നമ്മുടെ കൊച്ചു കൊച്ചു അവയവങ്ങളും എല്ലാത്തിനും നമ്മുടെ നാവിനും എല്ലാറ്റിനും ഒരു പങ്കുണ്ട് നാം ഓരോരുത്തരും ദൈവസഭയിൽ ഈ ശരീരമാകുന്ന സഭയിൽ നമ്മുടെ പങ്ക് കണ്ടെത്തണം നമുക്ക് വളരെ മനോഹരമായിരുന്നു നമ്മുടെ ബി ബി എസ്സിന് എല്ലാവരും പലരും അതിന് ഉത്തരവാദിത്വം എടുത്തു നമ്മളൊരു കൂട്ടായ ഒരു പ്ര ഒരു പ്രവർത്തനമായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മുടെ ചേർച്ചിൽ അതാണ് നമ്മൾ ഉത്സാഹിപ്പിക്കുന്നത് ആരെങ്കിലും ഒരാൾ വന്ന് ഇന്നാളാണ് ഇന്ന പാസ്റ്റർമാർ നമ്മളെല്ലാവരും നമ്മൾ കൂട്ടായിട്ട് ഒരു ശരീരമാകി ശരീരമാകുന്ന സഭ ഈ ഒരു മർമ്മം നമുക്ക് ഒരു വെളിപ്പാടായിട്ട് നമുക്ക് ലഭിക്കേണ്ടിയിരിക്കും ഇവിടെ നമ്മൾ ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങളുടെ എഫേസ് ചെയ്യുക ലേഖനത്തിൽ നിന്ന് വായിക്കാം അപ്പം അവിടെ പറയുന്നത് പതിനാലാം വാക്യം നിങ്ങൾ ശിശുക്കളെ പോലെ ആകരുത് നിങ്ങൾ നിങ്ങൾ വളരണം എന്ന് പതിനാലാം വാക്യത്തിൽ പറയുന്നു എന്നിട്ട് പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നു സ്നേഹത്തിൽ സത്യം സംസാരിച്ചു ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ടിടയാകണം ആരാ നമ്മൾ സഭയാകുന്ന എല്ലാവരും ആ രീതിയിൽ വളരണം എന്ന് ദൈവം എന്നിട്ടോ പതിനാറാം വാക്യം ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു അപ്പം ശരീരത്തിന് വളർച്ച പ്രാപിക്കുന്നതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഏത് സന്ധിയാലും ഏത് സന്ധിയാലും പ്രിയ സഹോദര പ്രിയ സഹോദരി പ്രിയ ചെറുപ്പക്കാര പ്രിയ കുഞ്ഞ് ഓരോ സന്ധിക്കും പ്രാധാന്യമുണ്ട് ദൈവസഭയുടെ പണിയിൽ ശരീരമാകുന്ന സഭയുടെ പണിയിൽ ഓരോ സന്ധിക്കും അതിൻ്റെ പങ്കുണ്ട് ഓരോ സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി നമ്മൾ സൗരീസ്വന്മാർ അന്യോന്യം നമ്മൾ സ്നേഹത്തിൽ സംസാരിക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അന്യോന്യ ബന്ധങ്ങളിൽ നമ്മൾ സത്യം നമ്മൾ സംസാരിക്കണം നമ്മളെ സ്നേഹത്തിൽ സത്യം സംസാരിക്കണം ചില സഹോദരന്മാരോട് നമ്മൾ കൂട്ടായ്മ അതുകൊണ്ടാണ് നമ്മൾ കൂട്ടായ്മയെ ആചരിക്കുകയും നമ്മൾ ഫെലോഷിപ്പൊക്കെ വേണമെന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും ഇപ്പോഴും ആ ഒരു കോൺഗ്രിഗേഷൻ്റെ പല പഴയ ഒരു കാഴ്ചപ്പാടായതുകൊണ്ട് നമ്മളിവിടെ വരുന്ന ചിലപ്പോൾ പുതുതായിട്ടൊക്കെ വരുന്ന സഹോദരന്മാരൊക്കെ പലരും ചിന്തിക്കും ഞാൻ കുറച്ച് നാളായി വരാൻ തുടങ്ങി പാസ്റ്റർ ഇതുവരെ വീട്ടിൽ വന്നില്ലല്ലോ പാസ്റ്റർ വന്നില്ല അല്ല നിങ്ങൾ ആരുടെയെങ്കിലും വീട്ടിൽ പോയോ അല്ല ഇവിടെ പറഞ്ഞാൽ പല സൗ നമ്മളെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മളിപ്പം ആരും ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ചില സൗകര്യമാർ അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും പോകാനായിട്ട് പറ്റാത്ത സൗകര്യമാർ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പല വീടുകൾ വിസിറ്റ് ചെയ്യുന്നവരാണ് അല്ല പറയുന്നത് പക്ഷേ ഇതിങ്ങനെ ഒരു പാസ്റ്റർ ആ പാസ്റ്റർ എല്ലായിടത്തും പോവുക എന്നുള്ള ഒരു കോൺക്രിഗേഷൻ സെറ്റപ്പല്ല നമ്മൾ ഒരു ശരീരമാണ് സഹോദരം നിങ്ങളെന്തുകൊണ്ട് മറ്റൊരു സഹോദരനെ ഒന്ന് വിളിച്ച് വെതരെ ഇന്ന് വൈകിട്ടുണ്ടോ വീട്ടിലുണ്ടോ ഫ്രീ ഞാനൊന്നങ്ങോട്ട് വരട്ടെ നമുക്ക് എന്തുകൊണ്ട് നിങ്ങളിതുവരെ പോകുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പോകുന്നില്ല ശരീരത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ് പ്രിയമുള്ളവർ ശരീരത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ സൗരി സൗരന്മാർ എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന എൻ്റെ കാലിന് വേദന അപ്പോൾ കാലിന് വേദന ആ കാലല്ലേ കൈ ആ കൈകൊട്ടി ആ എനിക്ക് സന്തോഷം കൈ അങ്ങനെ ചിലപ്പോൾ ചിലർ കൈകൊട്ടാറുണ്ട് അങ്ങനെ കൈകൊട്ടുന്ന ആളുകളെ നമ്മളെന്താ വിളിക്കാറുള്ളത് അവരെയാണ് വിളിക്കുന്നത് ഭ്രാന്തന്മാർ അവർക്ക് എന്താ സംഭവിച്ചത് അവർക്ക് അവരുടെ യഥാർത്ഥത്തിലുള്ളൊരു കോർഡിനേഷൻ ഇല്ല അവർക്ക് കോർഡിനേഷൻ നഷ്ടപ്പെട്ടു പോയി അവർക്ക് തലയുമായി ബന്ധമില്ല തലയുമായി ബന്ധം തലച്ചോറിനാൽ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് കാലിൻ്റെ വേദന കൈക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ടാണ് കാലിൻ്റെ സന്തോഷം കൈക്ക് മനസ്സിലാകാൻ പറ്റാത്തത് ചിലരെ സംബന്ധിച്ചോളം അപ്പം നമുക്കൊരു ശരീരമെന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആദ്യം ചിന്തിച്ചത് ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് വ്യക്തിപരമായ ബന്ധത്തിൽ നമുക്ക് ആ ഒരു കോർഡിനേഷനോടുകൂടെ നാം പ്രവർത്തിക്കണം അതുമാത്രമല്ല നമ്മുടെ കൈ എൻ്റെ കൈ തളർന്നിരിക്കുകയാണെന്ന് വിചാരിക്കും എൻ്റെ കൈ പാരലൈസ്ഡാണ് അതിനെ ഈ ഒരു ബന്ധമില്ല കൈ തലയുമായിട്ട് ബന്ധമില്ല തളർന്നിരിക്കുകയാണെങ്കിൽ ഈ കൈക്കും വേദന മനസ്സിലാവുകയില്ല മറ്റ് ശരീരത്തിൻ്റെ മറ്റ് വേദനകൾ അല്ലെങ്കിൽ ഈ കയ്യിലുള്ള വേദനയൊന്നും ഈ കൈക്ക് മനസ്സിലാവുകയില്ല നമ്മൾ പ്രീ സൗരിസന്മാരെ നമ്മളൊരു ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള തളർന്നിരിക്കുന്ന ഒരു മെമ്പർ ആയിരിക്കരുത് നമ്മളൊരു കോർഡിനേഷൻ ഇല്ലാത്ത ഒരു മെമ്പർ ആയിരിക്കരുത് നമ്മളൊരു പ്രോസ്തെറ്റിക് മെമ്പർ ആയിരിക്കരുത് പ്രോസ്തറ്റിക് മെമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ കാലില്ലാത്തപ്പോൾ എന്താ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആ ബ്രദറിന് ആളാണ് ഇവിടെ ഇരിക്കുന്നത് ബ്രദറിനറിയാം ്രദറിങ്ങനെ ആർട്ടിഫിഷ്യൽ കാലുകളൊക്കെ ഉണ്ടാക്കി ആൾക്കാർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കും കാലിയും കയ്യുമൊക്കെ സ്റ്റീഫൻ ബ്രദറിൻ്റെ ഒരു ജോലിയാണ് അപ്പോൾ ഈ പ്രോസ്തറ്റിക് മെമ്പർ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരാണ് ഈ ചർച്ചിൽ ഞാൻ ചർച്ചിൽ പോവുകയാണ് ചർച്ചിൽ വരികയാണെന്നൊക്കെ പറയുന്നത് പ്രോസ്തെറ്റിക് മെമ്പേഴ്സാണ് അപ്പോൾ വരുമ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അഴിച്ചു വയ്ക്കും അത് അഴിച്ച് അഴിച്ചങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അപ്പോൾ വേണ്ട ഇടയ്ക്ക് ഫിറ്റ് ചെയ്യും പക്ഷേ തലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പ്രിയസോരും സൗമാരെ നമുക്ക് നമ്മളൊരു പ്രോസ്തെറ്റിക് മെമ്പർ ആയിരിക്കരുത് നമുക്ക് ശരീരത്തിൻ്റെ ഭാഗമായി തലയുമായി ബന്ധത്തിൽ വ്യക്തിപരമായി തലയുമായി ബന്ധത്തിൽ ശരീരത്തിൻ്റെ ഭാഗമായി നാം അന്യോന്യം ഈ രീതിയിൽ കൂട്ടായ്മയോടെ നമുക്ക് സഹവർത്തിവതോടെ കോർഡിനേഷനോടുകൂടെ പാരലൈസ്ഡ് അല്ലാതെ ഒരു ജീവിക്കുന്ന ശരീരമായി ഒരു ഓർഗാനിസം ഓർഗാനിസം ഓർഗാനിസമാണ് ഓർഗാനിസത്തിന് ലൈഫുണ്ട് ഓർഗാനിസത്തിന് ചൈതന്യമുണ്ട് ഓർഗാനിസത്തിന് അങ്ങോട്ടും ബ്ലഡ് ഫ്ലോയുണ്ട് ഓർഗാനിസത്തിന് തലയുമായി ബന്ധമുണ്ട് ആ ഒരു ഓർഗനൈസേഷനല്ല ഓർഗനൈസേഷനല്ല ഒരു ഓർഗാനിസം ആ ഒരു ഓർഗാനിസമാണ് ദൈവത്തിൻ്റെ സഭ ആ ഒരു സഭയുടെ അംഗങ്ങളായി നമുക്ക് അന്യൂന്യം നമുക്ക് എഫക്റ്റീവായി നമുക്ക് അന്യോന്യം സഹായിച്ചുകൊണ്ട് നമുക്ക് വളർന്ന് ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെന്താണ് നാം പറഞ്ഞത് നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരു രണ്ട് നിലയുള്ള വീട് പോലെയാണെങ്കിൽ ആദ്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഒരു ബോധ്യം കിട്ടി കർത്താവിനെ നാം അനുഗമിക്കണമെങ്കിൽ അനുഗമിക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ചുള്ള വ്യക്തത നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നിലപാടുള്ളവരായി യേശുവിനെ ആ രീതിയിൽ പിൻപറ്റുവാനായിട്ട് എൻ്റെ ബന്ധുക്കളെക്കാൾ എൻ്റെ ചർച്ചക്കാരെക്കാൾ ലുപരി ഞാൻ യേശുവിനെ പിൻപറ്റുന്നവനായി എൻ്റെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് ദൈവത്തെ പിൻപറ്റുന്ന ഒരു വ്യക്തിയായി ഞാനായിരിക്കണം അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ക്രിസ്തീയ ജീവിതം അത് പണിയപ്പെടുവാനായിട്ട് ഇടയാകും അതിനെ തുടർന്ന് എനിക്ക് ദൈവ സഭയെക്കുറിച്ചുള്ള ഈ മർമ്മം വലിയ മർമ്മം എഫ് എ സി ആ മർമ്മത്തെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതം പ്രിയമുള്ളവരെ നമ്മുടെ ആ ഒന്നാമത്തെ നിലയായ നമ്മുടെ കുടുംബജീവിതം അത് കെട്ടപ്പെടണം ഭർത്താവ് ഭർത്താവിൻ്റെ റോൾ ദൈവവചന തൻ്റെ അടിസ്ഥാനത്തിൽ ഭാര്യ ഭാര്യയുടെ റോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യുവാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും കാണുവാനായിട്ട് കഴിയുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നാം ഒരു ശിശുവിനെ പോലെ ചെല്ലുമ്പോൾ നമുക്ക് ദൈവസഭയെക്കുറിച്ചുള്ള മർമ്മം നമുക്ക് വ്യക്തതയായി വ്യക്തമായി കിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ഞാൻ ഞാനൊരു ഭാഗമാണ് ഒരു നിങ്ങൾ നിങ്ങളുടെ സഭയിലുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് നിങ്ങൾക്കിതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മറ്റ് കുറച്ചുകൂടി ആത്മീയ ഭക്തയുള്ള സഹോദരന്മാരോട് ആരോടെങ്കിലും നിങ്ങൾ നിങ്ങൾ ചോദിക്കുക ദൈവമേ നിങ്ങളുടെ പങ്ക് എന്താണ് നിങ്ങളുടെ റോൾ എന്താണ് ഞാൻ എന്താണ് ഏത് രീതിയിലാണ് ദൈവം എന്നെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ തന്നെ നിങ്ങളേൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ തന്നെ നിഷേധിക്കണം അതുപോലെ തന്നെ നമുക്ക് ദൈവസഭയെക്കുറിച്ചുള്ള വ്യക്തത കിട്ടാനായിട്ട് നമുക്ക് ഒറ്റവാക്യവും കൂടെ ഞാൻ കാണിക്കാം നമ്മൾ യോഹനാന് മൂന്നിൻ്റെ പതിനാറ് നമുക്ക് അറിയാവുന്ന ഒരു വാക്യമാണ് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായി നമ്മൾ സ്നേഹിച്ചത് കാണിക്കുന്ന ഒരു വാക്യമാണ് എന്നാൽ ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് യോഹന്നാൻ മൂന്നിൻ്റെ പതിനാറ് ഒന്ന് യോഹനാൻ അവൻ നമുക്ക് തൻ്റെ പ്രാണനെ വെച്ച് കൊടുത്ത് വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു ദൈവം നമ്മെ സ്നേഹിച്ചു തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്ത് നമ്മെ സ്നേഹിച്ചു നാമം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു നാമം സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ പ്രാണനെ വെച്ചു കൊടുക്കുവാൻ നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ വിട്ടുകളയുവാൻ നമ്മുടെ സ്വന്തം ജീവനെ വിട്ടുകളയുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മുടെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ കാണുവാൻ അവരെ ഹെൽപ്പ് ചെയ്യുവാൻ ആ ജീവൻ്റെ പങ്കാളിത്തത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ ആ രീതിയിലാണ് നമുക്ക് സഭയുടെ ഒരു എഫക്റ്റീവായിട്ടുള്ള മെമ്പറായിരിക്കാനായിട്ട് കഴിയുന്നത് നമുക്കിവിടെ വർണ്ണവർഗ വിവേചനങ്ങളൊന്നുമില്ലാത്ത ഒരു സഭയാണ് നമുക്ക് ഈവൻ എൻ്റെ കോസ് സഭകളിൽ പോലും പലയിടങ്ങളിൽ അത് ഇന്ന ഇന്ന ആൾക്കാരുടെ സഭ അത് ഇന്ന ആൾക്കാരുടെ സഭ ഏതോ ഒരു സമയത്ത് ഒരു വർണ്ണവിവേചനം പുറ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു നീഗ്രോ യുവാവ് ഒരു വളരെ മനോഹരമായി അലങ്കരിച്ച ഒരു ആലയത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വെള്ളക്കാരായ വിശ്വാസികൾ അദ്ദേഹത്തെ തുറച്ചു നോക്കിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അവൻ അവൻ അവിടെ പ്രവേശനമില്ലാതെ ദുഃഖത്തോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി ദുഃഖത്തോടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻ അവിടെ നടന്നപ്പോൾ വേറെ ഒരുവൻ അതിലിവിടെ നടക്കുന്നു അവൻ ചോദിച്ചു നീയെന്താ നീയെന്താ അവിടെ പോയില്ലേ അവരെന്നെ പുറത്താക്കി അവർ എനിക്ക് അവിടെ ഇടം തന്നില്ല അപ്പം പറഞ്ഞു എന്നെ അവർ നേരത്തെ പുറത്താക്കിയതാണ് ഞാൻ യേശു ഞാൻ യേശുവാണ് ഞാനും ഇതിൻ്റെ പുറത്താണ് നീ എന്നോടൊപ്പം പോരൂ നീ എന്നോടൊപ്പം പോരാൻ പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ ശരീരമല്ല ഇന്ന് പലയിടങ്ങളിലും അവിടെ ഒരു കോൺക്രിഗേഷനാണ് വർണ്ണവർഗ വിവേചനങ്ങൾ ഉള്ള ഒരു ഇടമാണ് എന്നാൽ നമുക്ക് ദൈവസഭ ഒരു ഭവനമായിട്ട് ദൈവം തന്നിരിക്കുകയാണ് ഈ ഭവനത്തെ നമുക്ക് വീണ്ടും വണ്ണം വിലമതിക്കാം അവിടെ വിലമതിച്ച് ദൈവത്തിൻ്റെ ആ പണിയുടെ ഭാഗമായി നമുക്ക് നിൽക്കാം നമുക്ക് നിന്ന് നാം ഓരോരുത്തരുടെയും പങ്ക് നമുക്ക് നിറവേറ്റാം അങ്ങനെ നിറവേറ്റി ആ സഭയാകുന്ന ശരീരം പണിയപ്പെടട്ടെ ഈ പ്രദേശത്ത് ഒരു സഭയാകുന്ന ശരീരം പണിയപ്പെടട്ടെ ഈ സഭ പണിയപ്പെടുന്നതിനിടയിൽ ഒരു കോൺഗ്രിഗേഷൻ്റെ സ്പിരിറ്റ് ഒരു ആൾക്കൂട്ടത്തിൻ്റെ സ്പിരിറ്റ് ഇതിനിടയിലേക്ക് കയറി വരാനായിട്ട് പാടില്ല കുറെ കഴിയുമ്പോൾ ആ അവിടെ അതാ ജോജി പാസ്റ്റർ സന്തോഷ് പാസ്റ്റർ ഇന്ന ബാസ്റ്റർ അവിടെ ഉണ്ട് ഇന്ന പാസ്റ്റർമാർ അല്ല പ്രീസോസ്വന്മാരെ ഇതൊരു കോൺഗ്രിഗേഷൻ്റെ ആത്മാവാണ് നമുക്കെല്ലാവരും ഞാൻ ഞാനൊരു വിശുദ്ധനാണ് ഞാൻ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് നാം കൂട്ടായി ചേർന്ന് ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് പണിയാം ആ ശരീരത്തിൻ്റെ പണിയിലൂടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടട്ടെ കർത്താവിന് വേണ്ടി ഒരു മണവാട്ടിയായി നാം ഒരുക്കപ്പെടട്ടെ അമീൻ